ിസ്മില്ല ഔഹഹ ഇലഹുൽഹു പയ്യൂ ലൂ സിന് തൂന ലഹു മ ഫിസന വീണ ഫിൾ ൂ ഇനിമ ഹൽഫഹു പൂർണ വിഷ നിഹി ഇല്ല വസ്യൂ സി യു സമവത്തി هو العلي العظيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رحيما يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد في نصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم അള്ളാഹു സുഹാനു വാലായുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ച് പുലർത്തി തക്കവയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്നപോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ അൽമുബീൻ എന്ന നാമമാണ് വിശുദ്ധ ഖുർആനിൽ ഒരു തവണ ഈ നാമം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അൽ മബ മുബീൻ എന്ന അള്ളാഹുവിൻ്റെ നാമം പല ആശയങ്ങളെ അറിയിക്കുന്ന നാമമാണ് അതിൻ്റെ പല വിധികളും തേട്ടങ്ങളുമുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് അൽമുബീൻ അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വം അതേപോലെ അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല എന്നീ കാര്യങ്ങൾ വ്യക്തമായവൻ എന്നാണ് അൽമുബീൻ എന്ന നാമം അർത്ഥമാക്കുന്ന ഒരു വിഷയം അള്ളാഹു ഏകനാണ് അവന് യാതൊരു പങ്കുകാരുമില്ല എന്നതും വ്യക്തമാണ് അതാണ് അൽമുബീൻ എന്നുള്ള നാമം അർത്ഥമാക്കുന്നത് ഈ ഉലകത്തിൽ ഓരോ സൃഷ്ടി ചരാചരങ്ങളും അള്ളാഹുവിൻ്റെ ഏകത്വത്തെയാണ് വിളിച്ചറിയിക്കുന്നത് ഒരു കവി പാടി وفي كل شيء له ايه تدل على انه واحد ولله في كل تحريكه وفي كل تسكين وتسكينه ابدا شاهدا اننا البتانه اني انا من الانسان اللهونه ذكريكا فاعجبن كيف يرسل اله ام كيف يجحده الجاحد അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരാൾ അള്ളാഹുവിനെ നിഷേധിക്കുക എൻ്റെ കാര്യം വഫീഖുല്ലിഷൻ ലഹു ആയതുൻ എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിനൊരു ദൃഷ്ടാന്തമുണ്ട് അല അന്നഹു ആഹിദു ആ ദൃഷ്ടാന്തം വിളിച്ചറിയിക്കുന്നത് അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ് അപ്പം അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളിച്ചറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളില്ലാത്ത ഒരു വസ്തുവില്ല വലില്ലാഹി ഫീഖുല്ലി തഹ്രീഖത്തിൻ എല്ലാ ചലനങ്ങളിലുംകീനത്തിൻ അബദൻ എല്ലാ ഒതുക്കങ്ങളിലും അള്ളാഹുവിന് ഷാഹിദു ഒരു സാക്ഷിയുണ്ട് എന്ന് കവി പറയാണ് അപ്പോൾ ഈ ഉലകത്തിൽ അനങ്ങാതെ കിടക്കുന്നത് ഈ ഉലകത്തിൽ അനങ്ങുന്നത് അതിലെല്ലാം അള്ളാഹുവിനെ വിളിച്ചറിയിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട് പിന്നെ എല്ലാ വസ്തുക്കളിലും അള്ളാഹു ഏകനാണെന്ന് അറിയിക്കുന്ന ഒരു ദൃഷ്ടാന്തവുമുണ്ട് അങ്ങനെയുള്ള അള്ളാഹുവിനെ എങ്ങനെ ഒരു മനുഷ്യൻ നിഷേധിക്കും എങ്ങനെ അള്ളാഹുവിനെ ധിഖരിക്കും എന്നാണ് കവി ചോദിക്കുന്നത് പറഞ്ഞു വരുന്നത് അള്ളാഹു അൽമുബീനാണ് അള്ളാഹു ഏകനെന്നത് സുവ്യക്തമാണ് അള്ളാഹുവിന് യാതൊരു കൂറുകാരും പങ്കുകാരും സമന്മാരുമില്ല എന്നുള്ളതും വ്യക്തമാണ് അതാണ് അൽമുബീൻ എന്നുള്ള നാമം അർത്ഥമാക്കുന്നത് ഒരു കവി പാടി ഡോക്ടർ വൈദ്യശാസ്ത്രം അറിയണാളാ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കണാളാ പക്ഷേ ഡോക്ടറ് പെട്ടെന്ന് മരിക്ക ആ ഡോക്ടറോട് ചോദിക്കണം ആരാണ് ഡോക്ടറെ നിങ്ങളെ മരിപ്പിച്ചത് പെട്ടെന്ന് വൈദ്യശാസ്ത്രം എല്ലാ അടവുകളും പ്രയോഗിച്ചു പക്ഷേ വൈദ്യശാസ്ത്രം തോറ്റു പക്ഷേ രോഗി രക്ഷപ്പെട്ടു ആരാണ് നിനക്ക് ആഫിയ സൗഖ്യം നൽകിയത് രോഗിനോട് ചോദിക്കും ഒരു മനുഷ്യൻ അയാൾക്കൊരു രോഗമല്ല അരോഗ ദൃഢ കാത്രനാണ് നല്ല ഫിറ്റ് ബോഡിയാണ് പക്ഷേ ആ മനുഷ്യൻ പെട്ടെന്ന് മരിക്കുകയാണ് ഒരു രോഗവും ദീനുമല്ല ആരോഗ്യമുണ്ടായിട്ടും ആരാണ് നിന്നെ മരിപ്പിച്ചത് ആരോഗ്യവാനോട് ചോദിക്ക് വഖാന രണ്ട് കണ്ണിനും കാഴ്ചയുള്ളൊരു മനുഷ്യൻ നടന്നു പോവുകയാണ് മുന്നിലൊരു കുഴിയുണ്ട് ആ കുഴിയിൽ വീഴരുതെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ സൂക്ഷ്മതയിൽ കാൽ വെക്കുന്നത് പക്ഷെ ആ കുഴിക്ക് അയാൾ മറിഞ്ഞു വീണ് ആരാണ് ആ കുഴിയിലേക്ക് കാഴ്ച ഉണ്ടായിട്ടും അയാളെ തള്ളിയിട്ടത് ബ്ലൈൻഡ് അന്ധനായ മനുഷ്യൻ ആൾക്കൂട്ടത്തിൽ നടക്കുകയാണ് പക്ഷേ ആരെയും തട്ടാതെയും മുട്ടാതെയുമാണ് ആൾക്കൂട്ടത്തിൽ ഒരു ബ്ലൈൻഡ് നടക്കണത് ആരാണ് കണ്ണുപെട്ട നിന്റെ കാൽ ചുവടുകളെ കാൽവെപ്പുകളെ നിയന്ത്രിക്കുന്നത് ഇത് ഒരു കവി ചോദിക്കാൻ പറയാണ് ഗർഭസ്ഥ ശിശു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വളരെയാണ് അവിടെ ഗർഭസ്ഥിശു ഗർഭസ്ഥ ശിശുവിനെ പരിചരിക്കാൻ ആളില്ല ആ സ്ഥലം ഗർഭസ്ഥ ശിശുവിന് പരിചരിക്കപ്പെടാൻ മാത്രം വിശാലമല്ല എന്നിട്ടും ഗർഭസ്ഥ ശിശു ആ അതിന് പോഷണമുണ്ട് അതിന് ഊർജ ഉണ്ട് വായുണ്ട് ഗർഭസ്ഥ ശിശു വളരെയാണ് ഗർഭത്തിൽ ആരാണ് ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുവിനെ വളർത്തുന്നത് എന്ന് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കും പ്രസവിച്ചു വരുന്ന കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് പ്രസവിച്ചു വരുന്നത് ഒരു ഗർഭസ്ഥ ശിശുവും പ്രസവിച്ചു വരുമ്പം ചിരിക്കണില്ല മന്ദസ്മിതം പൂണ്ടല്ല വരുന്നത് കരഞ്ഞുകൊണ്ടാണ് വരുന്നത് ആരാണ് നിന്നെ കരയിപ്പിക്കുന്നത് എന്ന് പ്രസവിക്കപ്പെട്ട കുഞ്ഞിനോട് ചോദിക്ക് പാമ്പ് പത്തി വിടർത്തിയാടുന്നത് നീ കാണുമ്പോൾ ീറ്റയാണ് പാമ്പ് പത്തിവിടർത്തിയാടി വിഷം ചീറ്റുന്നത് കാണുമ്പോൾ ആരാണ് ആ പാമ്പിനെ ജീവിപ്പിക്കുന്നത് എന്ന് അതിനോട് ചോദിക്കണം പാമ്പിനോട് ചോദിക്കണം ഈ വിഷം നിന്റെ തലയിൽ നിറച്ചിണ്ട് തലയിൽ വിഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ആരെ ജീവിക്കുക തലച്ചോറിൽ വിഷ എത്തിയിട്ടുണ്ടെങ്കിൽ വായ നിറച്ച് വിഷമായിട്ടും നീ എങ്ങനെയാണ് പാമ്പെ ജീവിക്കുന്നത് ആരാണ് നിന്നെ ജീവിപ്പിക്കുന്നത് എന്ന് പാമ്പിനോട് ചോദിക്കണം അതേപോലെ തുടങ്ങി കവി കുറെ ചോദ്യങ്ങളാണ് എന്നിട്ട് തേനീച്ച വിസർജിക്കുമ്പോൾ അത് തേനാണ് ആരാണ് തേനീച്ചയുടെ വിസർജത്തെ തേനാക്കിയത് അതിന് മധുരം പകർന്നത് വക്കുൽ ഇമൻ ഹല്ലാഖ് തേനിൻ ആരാണ് മധുരം പകർന്നത് ഇതൊക്കെ ചോദിക്കാൻ പറയാണ് റബ്ബി ലക്കൽ ഹംദുൽ ഹംദൻ വലൈസലി വാഹിദീൻ ആരാ റബ്ബി എൻ്റെ റബ്ബാണ് ആണ് ഇതിന് പിന്നിൽ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രമാകുന്ന സ്തുതികളടങ്കിലും എന്നൊരു കവി പറയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ അൽ മുബീൻ എന്നുള്ള നാമം അർത്ഥമാക്കുന്നത് എന്ത് അള്ളാഹു കാര്യങ്ങൾ വ്യക്തമായവനാണ് ഏകത്വം വ്യക്തമായവനാണ് പങ്കുകാരും കൂറുകാരും അവനില്ല എന്നുള്ളത് വ്യക്തമായവനാണ് ഈ ഉലകത്തിൽ എന്തെല്ലാം സൃഷ്ടിചരാചരങ്ങളുണ്ടോ അതിൽ സചേതനമായത് അചേതനമായത് അനങ്ങുന്നത് അടങ്ങുന്നത് എല്ലാത്തിലും അള്ളാഹുവിൻ്റെ ഏത ഏകത്വം സുവ്യക്തമാണ് ഇതാണ് അൽമുബീൻ എന്നുള്ള നാമം അർത്ഥമാക്കുന്നത് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് മറ്റൊരു തേട്ടവും അർത്ഥവും അൽമുബീൻ എന്ന നാമത്തിനുണ്ട് അതെന്താണ് ദാസന്മാർക്ക് സന്മാദ പാർഗ് പാത തെളിയിക്കുന്നവനാണ് അള്ളാഹു വ്യക്തമാക്കുന്നവനാണ് അള്ളാഹു അതേപോലെ പ്രതിഫലത്തെ അനിവാര്യമാക്കുന്ന പ്രവർത്തനങ്ങൾ ഏത് എന്നത് അറിയിക്കുന്നവനാണ് അള്ളാഹു അതേപോലെ ശിക്ഷയെ അനിവാര്യമാക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഏത് എന്ന് വ്യക്തമാക്കുന്നവനാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ ശിക്ഷയും അത് വ്യക്തമാക്കി രക്ഷ ലഭിക്കുവാനുള്ള കർമ്മങ്ങളെ വ്യക്തമാക്കി ശിക്ഷ അനിവാര്യമാക്കുന്ന കർമ്മങ്ങളെ വ്യക്തമാക്കി അങ്ങനെ സന്മാർഗ വഴികൾ ദുർമാർഗ വഴികൾ ഇതെല്ലാം വ്യക്തമാക്കിയവൻ അവനാകുന്നു അൽമുബീൻ അള്ളാഹു സുബാൻ മുൻ വ്യക്തമാക്കിയവൻ എന്നർത്ഥം പറഞ്ഞില്ലേ മാർഗം വ്യക്തമാക്കി പക്ഷെ മനുഷ്യൻ എന്തു അള്ളാഹു സ്വാതന്ത്ര്യം നൽകി ഒന്നുകിൽ വിശ്വാസിയായി നന്ദിയുള്ളവനായി ജീവിക്കാം അല്ലെങ്കിൽ നന്ദി കെട്ടവനായിട്ട് ജീവിക്കാം പക്ഷേ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് രക്ഷയ്ക്കനിവാര്യമായ കാര്യങ്ങൾ ശിക്ഷയെ അനിവാര്യമാക്കുന്ന അപകടങ്ങൾ ഇതൊക്കെ അള്ളാഹു സുബാനു വത്താല വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അള്ളാഹു അൽമുബീനാണ് അതേപോലെ അള്ളാഹു സുബാൻ വത്താല രക്ഷ എന്ത് എപ്പോൾ ശിക്ഷ എന്ത് എപ്പോൾ എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ സുഹത്ത് ജീവിതത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ആകുന്നുരകത്തി അഭയമായിട്ടുള്ളത് എന്നാൽ റബ്ബിൻ്റെ മക്കാമിനെ ഭയന്ന് സ്വന്തത്തെ തന്നിഷ്ടങ്ങളിൽ നിന്നും ദേഹേച്ഛകളിൽ നിന്നും വിലക്കിയവൻ ആരാണോ ഫൈനൽ ജന്നത ഹിയൽ വ സ്വർഗം അവനുള്ള അഭയമാകുന്നു അപ്പോൾ അള്ളാഹു സുബാനു വത്താല അൽമുബീൻ വ്യക്തമാക്കുന്നവനാണ് എന്താണ് അള്ളാഹു വ്യക്തമാക്കിയത് അള്ളാഹു സന്മാർഗ വഴികളെ വ്യക്തമാക്കി സൗഭാഗ്യത്തിൻ്റെ മേഖലകൾ വ്യക്തമാക്കി സന്മാർഗ്ഗ വഴികളിൽ കർമാനുഷ്ഠികളായി ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നത് വ്യക്തമാക്കി അതേപോലെ അള്ളാഹു സുബ്ഹാനുവത്താല ദുർമാർഗവും ദൗർഭാഗ്യവും വ്യക്തമാക്കി ദൗർഭാഗ്യവാന്മാരായി ദുർമാർഗത്തിൽ ജീവിക്കുന്നവർക്ക് ശിക്ഷയും നരകവും ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കി അള്ളാഹു സുബാനു വത്താല ഇവധം വ്യക്തമാക്കുന്നവനാണ് കാര്യങ്ങൾ അതാണ് അൽമുബീൻ എന്നുള്ള നാമം അർത്ഥമാക്കുന്നത് യുരീദുലിയുബൈ അലക്കും അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തരുവാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ പൂർവികരുടെ നടപടിക്രമങ്ങൾ ചര്യകൾ അത് നിങ്ങൾക്ക് അറിയിച്ചു തരുവാനും അള്ളാഹു സുബാനു വാല ഉദ്ദേശിക്കുന്നു അപ്പൊ അള്ളാഹു സുബാന കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ ഉദ്ദേശിക്കുന്നവനാണ് എന്ന് പറയുന്നത് അതുപോലെ അള്ളാഹു സുബ്ഹാനു പറഞ്ഞു ുംഹൂൻ ഒരു ജനതയ്ക്ക് മാർഗദർശനം നൽകിയതിന് ശേഷം അവർ കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് എന്താണെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് വരെ അള്ളാഹു അവരെ വഴിപിഴച്ചവരായി ഗണിക്കുകയില്ല എന്നാണ് അപ്പം അള്ളാഹു ഹുസ്ബാനത്താല ഒരു വിഭാഗത്തിന് മാർഗദർ ദേശം മാർഗദർശനം നൽകി ആ മാർഗദർശനം നൽകിയ ആളുകൾ അവർ വഴിപിഴച്ചവരായിട്ട് അള്ളാഹു അവരെ എപ്പോഴാണ് പരിഗണിക്കുക അവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ എന്ന് അവർക്ക് അള്ളാഹു വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അപ്പൊ അള്ളാഹു സുബ്രഹാൻ വത്താല എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്ന അൽമുബീനാണ് ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്രഹാൻ വത്താലുബീനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പല നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഏകത്വം വ്യക്തമായവൻ അള്ളാഹു ഉണ്ട് അവന് പങ്കുകാരില്ല കൂറുകാരില്ല എന്നുള്ളത് വ്യക്തമായവൻ അതോടൊപ്പം സന്മാർഗ വഴികൾ ദുർമാർഗ വഴികൾ വ്യക്തമാക്കിയവൻ സൗഭാഗ്യം ദൗർഭാഗ്യം ഇത് വ്യക്തമാക്കിയവൻ സ്വർഗം നരകം രക്ഷ ശിക്ഷ ഇതൊക്കെ വ്യക്തമാക്കിയവൻ ആണ് അള്ളാഹു സുബ്ഹാനു വാല ഇതെല്ലാം അൽമുബീൻ എന്നുള്ള നാമം തേടുകയും അർത്ഥമാക്കുകയും ചെയ്യുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് രക്ഷകൾ ഈ ദുനിയാവിലെ രക്ഷ അള്ളാഹു വ്യക്താക്കി മരിച്ച് ഉയർത്തൈനേൽക്കുന്നത് വരെയുള്ള ബർസഹി കാലഘട്ടത്തിലെ രക്ഷകളെ അള്ളാഹു വ്യക്താക്കി ഉയർ ശേഷം നിത്യമായുള്ള രക്ഷ അള്ളാഹു സുബ്ഹാനുവെത്താല വ്യക്തമാക്കി ഈ ദുനിയാവിൽ ശിക്ഷ അത് അള്ളാഹു മുന്നറിയിപ്പ് നൽകി മരിച്ചതിന് ശേഷം ഉയർത്തൈനേൽപ്പ് വരെയുള്ള നാളുകളിൽ ശിക്ഷ അർഹിക്കുന്നവർക്കുള്ള ശിക്ഷ എന്ത് എന്നുള്ളത് അള്ളാഹു സുബാനെ താലെ വ്യക്തമാക്കി ഉയർത്തെഴുന്നേൽപ്പിനുറം ശാശ്വതമായ ശിക്ഷ ഉണ്ട് അതേപോലെ ചിലർക്ക് നശ്വരമായ ശിക്ഷയുണ്ട് എല്ലാം അള്ളാഹു സുഹാനുവത്താല വ്യക്തമാക്കി അപ്പോൾ കാര്യങ്ങളെ അള്ളാഹു വ്യക്തമാക്കുന്നവനാണ് എന്നുള്ളതാണ് അൽമുബീൻ എന്നുള്ള നാമം അർത്ഥമാക്കുന്നത് ഇനി അള്ളാഹു സുഹാനു വത്താല അൽമുബീൻ എന്നുള്ള നാമം ഉള്ള അള്ളാഹുവാണ് എന്നാണ് അതിൻ്റെ തേട്ടങ്ങൾ വിധികൾ താൽപ്പര്യങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു അൽമുബീനാണ് അവൻ അൽമുബീനായ കിതാബ് അവതരിപ്പിച്ച അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ കിതാബിനെ കുറിച്ച് അള്ളാഹു സുബ്ബാൻ തല പറയാണ് അൽമുബീൻ എന്ന് അൽമുബീബിനായ അള്ളാഹു അൽമുബീനായ കിതാബിനെയാണ് അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആാനിൻ്റെ വിശേഷമാണ് അൽമുബീൻ എന്നുള്ളത് എന്താ അൽമുബീൻ എന്നു പറഞ്ഞാൽ വ്യക്തമായ ഗ്രന്ഥം എന്നും അർത്ഥണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥം എന്ന അർത്ഥം ഹലാൽ ഹറാമുകളെ വ്യക്തമാക്കുന്ന അതേപോലെ തന്നെ അപായ സൂചനകൾ മുന്നറിയിപ്പുകൾ വാഗ്ദാനങ്ങൾ അത് വ്യക്തമാക്കുന്ന കൽപ്പനകളെ വിരോധങ്ങളെ വ്യക്തമാക്കുന്ന ഗ്രന്ഥാണ് ആര് വിശുദ്ധ ഖുർആാൻ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത് ഹാ ബയാനുല്ലാസ് മുഴു ജനങ്ങൾക്കുമുള്ള ബയാനാകുന്നു വിളംബരവും വിവരണവും ആകുന്നു ഇത് വിശുദ്ധ ഖുർആാൻ എന്ന് വിശുദ്ധ ഖുർആാനെ കുറിച്ച് അള്ളാഹു സുബാനു വത്താല പറഞ്ഞത് ഖതിജ അഖു അള്ളാ നൂറും ഖതിജ അഖും അള്ള അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നു നൂറുൻ പ്രകാശം യ അതിന് സുവ്യക്തമായ കിതാബ് എന്നും അർത്ഥണ്ട് വ്യക്തമാക്കുന്ന കിതാബ് എന്നും അള്ളാഹു പറയാണ് നിങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തൻ്റെ ദാസൻ്റെ മേൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിക്കൊടുത്തവനാകുന്നു അവൻ അള്ളാഹു അവ വിശുദ്ധ ഖുർആാനിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉള്ള വചനങ്ങളാണ് അങ്ങനെയുള്ള ഗ്രന്ഥത്തെ അവതരിപ്പിച്ചവനാണ് അള്ളാഹു അൽമുബീനായ അള്ളാഹു അൽമുബീനായ കിതാബിനെ അവതരിപ്പിച്ചു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ചരിത്ര സംഭവം ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്താ വിശുദ്ധ ഖുർആൻ കാര്യങ്ങളെ വ്യക്തമാക്കുന്ന മഹൽ ഗ്രന്ഥ അതിൽ ആശയക്കുഴപ്പത്തിനും അങ്കലാപ്പിനും യാതൊരു സ്ഥാനവും അല്ല ഉമർ റസി അള്ളാഹു ഖിലാഫത്തിൽ ഒരു സംഭവം നടന്ന് സിറിയയിൽ ഒരു സംഘം ആളുകൾ മദ്യപിച്ച് സിറിയയിൽ ഒരു സംഘാളികൾ മദ്യപിച്ചു ഉമർ റലി അള്ളാവിൻ്റെ ഖിലാഫത്തിൽ അന്ന് സിറിയയുടെ ഗവർണർ ഉമർദിൻ്റെ ഖിലാഫത്തിൽ സിറിയയുടെ ഗവർണർ യസീദ് ഇബിൻ അബീ സുഫിയാനാണ് അബു സുഫിയാൻ്റെ മകൻ എസീദ് മുഹാവിയറദി അല്ലാവിൻ്റെ സഹോദരൻ എസീദാണ് അന്നത്തെ സിറിയയുടെ ഗവർണർ അപ്പോൾ എസീദ് അവരോട് ചോദിച്ച് ഷരീഫ് തുൽ ഖം നിങ്ങൾ മദ്യപിച്ചോന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ ഞാൻ ഞങ്ങൾ മദ്യപിച്ചു അപ്പോൾ എന്തിനാണ് നിങ്ങൾ മദ്യപിച്ചത് എന്ന് ചോദിച്ച് അവരോട് ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ലൈസീനു മദ്യത്തിൻ്റെ ആയത്തുകൾ ഉണ്ടല്ലോ അള്ളാഹു സുബാന്ത സുഹൃത്ത് മായിതയിൽ അവതരിപ്പിച്ചപ്പോൾ അതിലൊരാണ്ടത് വിശ്വസിക്കുകയും അതേപോലെ സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ അവർക്ക് ജുനാഹുൻ കുറ്റമില്ല ഫീമാ തഴിയുമു അവർ കഴിച്ച വിഷയത്തിൽ മദ്യപിച്ച വിഷയത്തിൽ കുറ്റമല്ല വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ അവർ മദ്യപിച്ചതിൻ്റെ പേരിൽ അവർക്ക് കുറ്റമില്ല എന്നാണ് ആയത്തിൻ്റെ അർത്ഥം അവിടെ ലൈസുജുനാഹു ലൈസീൻ ഫീമാ തഴയ്മു ഈ ആയിരത്ത് വിശുദ്ധ ഖുറാനിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മദ്യപിച്ചത് ഞങ്ങൾ വിശ്വസിച്ചവരാണ് സെൽ ചെയ്തവരാണ് അതുകൊണ്ട് ഇത് ടെസ്റ്റ് രീതിയിൽ പുറ്റല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് അവർ പറഞ്ഞു ആരോട് സിറിയൻ്റെ ഗവർണർ യസീദ് ബിനു അബി സുഫിയാനോട് അങ്ങനെ യസീദ് ബിൻ അബി സുഫിയാൻ ഒരു കത്ത് ആർക്ക് ഉമർ റലി അള്ളാഹു താലാനുവിനെ ഉമർ റലി അള്ളാഹു പ്രതികരിച്ചു ിനോട് പറഞ്ഞു യസീദ് എൻ്റെ ഈ കത്ത് മറുപടി കത്ത് നിങ്ങൾക്ക് പകലാണ് കിട്ടിയത് എങ്കിൽ രാത്രിയാകാൻ കാത്തിക്കേണ്ട രാത്രിയാണ് കിട്ടിയതെങ്കിൽ പകലാകാനും കാത്തിക്കേണ്ട അവരെങ്ങോട്ട് കിട്ടിയേക്കാം ഇങ്ങോട്ടാണ് മദീനത്തേക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞു വേഗം അവരെല്ലാവരെയും പിടിച്ചിട്ട് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു പകലാണ് കത്ത് കിട്ടണതെങ്കിൽ രാത്രിയാകാൻ നിൽക്കേണ്ട രാത്രി കിട്ടിയെന്ന് വെച്ചാൽ പകലാകാൻ നിൽക്കേണ്ട വേഗം കത്ത് കിട്ടിയ ഉടനെ ഇങ്ങോട്ട് എല്ലാവരെയും മദീനത്തേക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞു അങ്ങനെ യസീദ് അതിഷെയ്ത് ഈ മദ്യപിച്ച ആളുകളെ മുഴുവൻ പിടിച്ചിട്ട് എന്ത് ചെയ്തു മദീനത്തേക്ക് പറഞ്ഞയച്ചു ഉമറിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഉമർ ചോദിച്ചു ഷരീത്തും ഉൽഹമർ നിങ്ങൾ മദ്യപിച്ചോന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഞങ്ങൾ അള്ളാഹു സുബാന താലു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ അല്ല പിന്നെ ഞങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഉമർ അലി അള്ളാഹു താലാൻ അവരോട് പറഞ്ഞു അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ ഇന്ന അൽ ഖംറു അൽ മൈസിറു അൽ അൻസാബു അൽ അസ്ലാം അമൽ താൻ ഫജ് തനിബു മദ്യം ചൂതാട്ടം ഇതൊക്കെ പ്രശ്ന കോലുകൾ അതൊക്കെ എന്താണ് റിജിസുമിൻ അമൽതാൻ ഷെയ്ത്താൻ്റെ പ്രവൃത്തികളിൽ മ്ളേച്ച പ്രവൃത്തികളാണ് അതുകൊണ്ട് ഫജിത്ത നിബുഹു നിങ്ങൾ മദ്യം വെടിയണം എന്ന് അള്ളാഹു സുബാൻ തല കൽപ്പിച്ചിട്ടില്ലേ മദ്യം ഹറാമല്ലേ എന്ന് ഉമർ റതി അള്ളാഹുവിന് ആയത്ത് ഓദ്യീട്ട് അവരോട് പറഞ്ഞ് അപ്പം അവർ പറഞ്ഞ് നിങ്ങൾ ഓദ്യ എടുത്ത് നിർത്തല്ലേ അതിൻ്റെ ശേഷം ആയത് അതാൻ പറഞ്ഞ് ശേഷം വരണ ആയത്തിൽപ്പെട്ടതാണ് അവർ ഓദ്യ ആയത് എന്തെ എന്നുള്ള ആയത്ത് അവരത് മതി ഓദാം പറഞ്ഞു അപ്പോൾ ഈ ആയത്താണ് അവരുദ്ദേശിക്കുന്നത് അപ്പോൾ ഉമർ റലി അള്ളാവിനെ കൂടിയാലോചന നടത്തി വേഗം സഹാബികളെ വിളിച്ച് കൂടിയാലോചന നടത്തി അലിറലി അള്ളാവിനെ വിളിച്ചിട്ട് ചോദിച്ചാൽ അലി നിങ്ങളുടെ അഭിപ്രായം എന്താ ഇവർ ഈ വിഷയത്തിൽ അലി റലി പറഞ്ഞു അള്ളാഹു കള്ള് ഹറാമാക്കിയതാണ് കള്ള് ഹറാമാണ് ആ ഹറാമായ കള്ള് അവർ ഹലാലാണ് എന്ന് വാദിക്കുകയാണ് എങ്കിൽ അവർ എന്താ ചെയ്തത് മതത്തിൽ പുതിയ നിയമം ഉണ്ടാക്കിയവരാണ് ദീനിൽ അള്ളാൻ്റെ ശറകിൽ അവർ ആ നിയമം ഹറാമാക്കിയതിനെ ഹലാലാക്കിയവരാണ് അതുകൊണ്ട് അവർ വധശിക്ഷ അർഹിക്കുന്നവരാണ് അതല്ല അവർ മദ്യം ഹറാമാണ് എന്ന് വാദിക്കുന്നവരാണ് അവരെ എൺപത് അടി അടിക്കാൻ പറഞ്ഞു എൺപതടി അടിക്കാൻ പറഞ്ഞു അതിന് എൺപത് അടിയ്ക്കാൻ പറഞ്ഞത് ഹറാമാണ് മദ്യം എന്ന് അവർക്കറിയാം എന്നിട്ട് അവരെന്ത് ചെയ്യാണ് ഈ ആയത്ത് ഓതിയിട്ട് മദ്യപിക്കുകയാണ് ചെയ്തത് ആയത്ത് ഓതിയിട്ട് അവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ഈ ആയത്തിൻ്റെ പേരിൽ ഓതിയിട്ട് അള്ളാൻ്റെ പേരിൽ കളവ് പറയാണ് അതുകൊണ്ട് അപവാദത്തിന് മനുഷ്യരെ തമ്മിലുള്ള അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപതടിയാണ് ആ എൺപത് അടി പാസ്സാക്കാൻ പറഞ്ഞു അലി റസി അള്ളാത്താലനു അങ്ങനെ ഉമർ റതി അള്ളാത്ത അലി റതി അള്ളാനുവിൻ്റെ ഈ ഫത്ത് വയിൽ ഉമർ റലി അള്ളാഹു താലനു അവരെ എൺപത് അടി അടിച്ച് കാരണം അവരെന്ത് ചെയ്തിട്ടില്ല ഹറാമായ ഒരു സംഗീതി അവരെ ഹലാലാക്കിയിട്ടില്ല പക്ഷെ അവർ ഈ ആയത്തിന് അവർക്ക് മനസ്സിലായില്ല ശരിക്ക് അതുകൊണ്ട് തന്നെ ആയത്തിനെ അവർ തെറ്റായി മനസ്സിലാക്കിയിട്ടാണ് എന്തു ചെയ്തത് അതുകൊണ്ട് തന്നെ അവരെ എൺപത് അടി അവർക്കൊരു കടുത്ത ശിക്ഷ എന്ന നിലയ്ക്ക് ആയത്തിൽ എന്താ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം കള്ളി ഇസ്ലാമിൽ ഹറാമാണ് ആദ്യകാലത്ത് മദ്യം ഹറാമാക്കിയിരുന്നില്ല മദീനയിൽ റസൂൽ അഹിമ തങ്ങൾ ഹിജറ വന്നതിൽ പിന്നെയാണ് മദ്യം ഹറാമാക്കുന്നത് അതുകൊണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് ആളുകൾ മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ കടുത്ത ശിക്ഷയാണ് മദ്യം ഹറാമാക്കപ്പെട്ടതിന് ശേഷം മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കടുത്ത ശിക്ഷയാണ് മദ്യപാനിക്ക് റതുഖത്തുൽ ഹബാൽ കുടിക്കാൻ കൊടുക്കുന്നതാണ് അള്ളാഹു നമ്മളെ കാക്കട്ടൻ ഓതുബില്ല എന്താ റതുഹത്തുൽ ഹബാൽ എന്ന് പറഞ്ഞാൽ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുഷിച്ച ദ്രവങ്ങളാണ് രക്തവും ചെലവും ഒക്കെ അടങ്ങിയ ദ്രവാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഓതുബില്ല അതാണ് റതുഹത്തുൽ ഹബാൽ അതാണ് മദ്യപാനി കുടിക്കാൻ കൊടുക്കുക അടുത്ത ശിക്ഷയാണ് ഇസ്ലാമിൽ മദ്യം ഹറാമാണ് പക്ഷേ മദ്യം ഹറാക്കുന്ന ആക്കുന്നതിന് മുമ്പ് പലരും മദ്യപിച്ചിട്ടുണ്ട് നമ്മളത് സഹാബികളുടെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് മദ്യം വിൽക്കുന്നവരുണ്ടായിരുന്നു മദ്യം സേവിക്കുന്നവരുണ്ടായിരുന്നു മദ്യം കുടിച്ച് പല ഫിത്തരയും ചെയ്തിരുന്നവരുണ്ടായിരുന്നു ഹംസത്തിനെ പോലുള്ളവരൊക്കെ ഹംസ റതി അള്ളാഹു താലാനു അലി റതി അള്ളാത്താലു വളർത്തിയ രണ്ട് ഒട്ടകങ്ങളൊക്കെ വന്ന സംഭവം അലി റതി അള്ളാഹു താലാനു ഫാത്തിമയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഒട്ടകങ്ങളെ ഓമനിച്ച് വളർത്തിയിരുന്നു നല്ല ഒട്ടയങ്ങൾ എന്തിനാണ് ആ ഒട്ടയങ്ങൾ വളർത്തിയത് ആ ഒട്ടയങ്ങളെ വിറ്റിട്ടും ഒക്കെയായിട്ട് ഫാത്തിമ റതി അള്ളാമനെ കല്യാണം കഴിക്കാനുള്ള ചിലവിനും ജീവിത ചിലവുകൾക്കും മഹറിനൊക്കെ വേണ്ടിയിട്ടാണ് അതിനെ വളർത്തുന്നത് അങ്ങനെ ഒരു അൻസാരിയുടെ വീട്ടിൽ കെട്ടിയിട്ടായിരുന്നു അൽ അലിറല്ലി അല്ലാനു വളർത്തിയിരുന്നത് മദ്യപിച്ച ഹംസത്ത് അദ്ദേഹത്തിൻ്റെ ബോധം പോയി അങ്ങനെ അദ്ദേഹം ഈ ഒട്ടകങ്ങൾ അർത്ത സംഭവമുണ്ട് അലിറലി അള്ളാഹുത്താലു വന്ന് നോക്കുമ്പോൾ വലിയ സങ്കടപ്പെട്ട് റസൂൾദാനോട് സങ്കടപ്പെട്ട് അങ്ങനെ റസൂൾ അള്ളഹി സ്വലാത്തങ്ങൾ വന്ന് നോക്കുമ്പോൾ ഹംസത്ത് റസൂൾദാൻ അങ്ങനെ തുറച്ച് നോക്കി കത്തി കയ്യിലുണ്ട് അപ്പോൾ റസൂള്ളി സ്വലാത്തങ്ങൾ അവിടുന്ന് പിന്തിരിഞ്ഞ് പോകുന്ന ഒരു സംഭവം അതൊക്കെ മദ്യം ഹറാമാക്കുന്നതിന് മുമ്പാണ് പക്ഷേ മദ്യം ഹറാമാക്കിയതിൽ പിന്നെ ഫഹാൽ അൻത്തും മുൻ തഹുൻ നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം വന്നതോടുകൂടി തഹൈന ഞങ്ങൾ വിരമിച്ചു എന്ന് പറഞ്ഞത് എല്ലാവരും മദ്യത്തിൽ നിന്ന് ഒഴിവായി മദ്യം ശേഖരിച്ചിരുന്ന വെച്ചിരുന്നതായ ബീപ്പുകളൊക്കെ മറിച്ച് ഒക്കെ ഒഴിവാക്കി ഇവിടെ ഇതാണ് മദ്യത്തിൻ്റെ വിധി പക്ഷേ ചില ആളുകൾ അവരെന്ത് ചെയ്ത് ഈ ആയത്ത് എത്തിയിട്ട് ലൈസാലു ലൈസാല ലതീന ആമനു വിശ്വസിച്ച് സുഹൃതം ചെയ്തവർക്ക് സൽ പ്രവർത്തികളെ അനുഷ്ഠിച്ചവർക്ക് അവർ കഴിച്ചു പോയതിൽ കുറ്റല്ലാന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വിഷയം ആയത്ത് ഉദ്ദേശിക്കുന്നത് മുമ്പ് കഴിച്ചു പോയതാണ് മദ്യം ഹറാമാക്കുന്നതിന് മുമ്പ് കുറേ ആളുകൾ കുടിച്ചിട്ടുണ്ടല്ലോ അവരുടെ വിഷയമാണ് മാത്രമല്ല മദ്യം ഹറാമാണെന്നുള്ള ആയത്തിറങ്ങിയപ്പോഴും ചിലർ കുടിച്ച് അത് വയറ്റിലുണ്ട് വയറ്റിലുള്ളവരുണ്ട് മദ്യം ഹറാമാണ് വിരമിക്കണം എന്ന് പറഞ്ഞപ്പോൾ വയറ്റിൽ മദ്യമുള്ളവരുണ്ട് അതേപോലെ തന്നെ മുമ്പ് കുടിച്ചു പോയവരുണ്ട് പലരും മദ്യപിച്ചിട്ടാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് അപ്പോൾ അവരുടെയൊക്കെ വിഷയത്തിൽ സംസാരം എന്നപ്പോൾ അള്ളാഹു സുബാന പറഞ്ഞതാണ് വിശ്വസിക്കുകയും സൽ പ്രവൃത്തികൾ ചെയ്തവർ അവർക്ക് ലേയ്സ അലിൽഹു ഫിമ തൈമു മുമ്പ് കുടിച്ചു പോയതിൽ എന്തില്ല തെറ്റില്ല ഹറാമാക്കിയതിന് ശേഷം പിന്നീട് കുടിച്ചാൽ അതാണെന്ത് തെറ്റി എന്ന് അവരുടെ വിഷയത്തിൽ പറഞ്ഞാണ് പക്ഷേ ഈ കൂട്ടർക്ക് എന്ത് അത് അങ്ങനെ ഓടിയില്ല അതുകൊണ്ടാണ് അവർ മദ്യപിച്ചത് അതുകൊണ്ടാണ് ഒമർ അലി അള്ളാഹു താലെ അവരെ ശിക്ഷിച്ചത് മനസ്സിലായല്ലേ ഇവിടെ നമ്മൾ വിഷയം വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാൻ വത്താല അൽമുബീൻ എന്ന് പറഞ്ഞ് എന്താ വിശുദ്ധ ഖുർആൻ അൽ മുബീൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ വിഷയങ്ങളെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്ന യാതൊരു സന്ദേഹങ്ങളുമില്ലാത്ത വിധം സുവ്യക്തമായ കാര്യങ്ങളെ വ്യക്തമാക്കുന്ന കിതാബാകുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ ഒരേ ആയത്തിനെ തെറ്റി മനസ്സിലാക്കി അപ്പോൾ എന്താ ചെയ്തത് മറ്റ് ആയത്തുകൾ ഓതിയിട്ടെന്ന് ചെയ്ത് ആ വിഷയം വിശദീകരിച്ച് അവർക്ക് ബോധ്യപ്പെടുകയുണ്ടായി ഇതേപോലെ ഉമ്മുൽമുമ്മിനിൻ ആയിഷ റലി അള്ളാഹു താലാനയുടെ അടുക്കൽ ഒരു സംഭവം ഉണ്ടായി സ്ഥാപികളിൽ ഒരു മഹാനായ മസറൂഖ് റഹിമഹുല്ല ആയിഷറി അള്ളാഹു താലയോട് ഒരിക്കൽ ചോദ്യം ചോദിക്കുകയാണ് എന്താ ചോദ്യം ഹൽറ മുഹമ്മദ് സല അലിസ്ലം റബ്ബഹു റസൂൽ അല്ലായി സ്വല്ലാസ്ലാമാ തങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് മസററൂഖിൻ്റെ ചോദ്യം ആയിഷ റലി അള്ളാത്താലയോട് ചോദിക്കുകയാണ് കാരണം എന്താ രണ്ട് ആയത്തുകൾ അദ്ദേഹം മനസ്സിലാക്കിയത് റസൂൽ അല്ലായി സ്വല്ലാ വസ്ലാമാ തങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ രണ്ട് ആയത്തുകൾ സൂറത്ത് നജ്മിൽ ആയത്തുകളാണ് ഒന്ന് നജിലായത്ത് വലഖത് റാഹു നജ്റ വലഖത് റാഹു അദ്ദേഹം നബ്സ്ലാഹുസ്ലാമാങ്ങൾ കണ്ടു എന്നാണ് ആരെ കണ്ടു യഥാർത്ഥത്തിൽ ആയത്ത് കൈകാര്യം ചെയ്യുന്നത് ജിബ്രീലിനെയാണ് പക്ഷേ മസറുഖ് മനസ്സിലാക്കിയത് അള്ളാഹുവിനെ എന്നാണ് മറ്റൊരു ഇറക്കത്തിൽ മുഹമ്മദ് സലാഹാസ്ലാമാത്തങ്ങൾ അള്ളാഹുവിനെ കണ്ടു എന്നാണ് മസററുഖ് ഈ ആയത്തിൻ്റെ മനസ്സിലാക്കിയത് ഇതേപോലെ സുറത്ത് തക്വീറിൽ ിൽ ഉഫുഖുൽ മുബീൻ ഉഫ്ഖുൽ മുബീൻ ചക്രവാളത്തിൽ വെച്ച് നബ്സലു അലി സ്വലാത്തങ്ങൾ അള്ളാഹുവിനെ കണ്ടു എന്നാണ് മസററുഖ് ആയത്തിനെ മനസ്സിലാക്കിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിഷ റതി അള്ളാഹു താലാനിയോട് മസ്രൂഖ് ചോദിക്കുന്നത് നഫ്സലഹ് അലൈഹി സ്വലമാങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ലേ അപ്പം ആയിഷറിയാഹു താലാൻഹ മസറൂഖിൻ്റെ സംശയം ആയ തോതിയിട്ട് തിരുത്താണ് ആയിത്തോതിയിട്ട് വ്യക്തമായി കൊടുക്കാണ് എന്താ ഉമുൽ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ വല്ലവരും സംസാരിച്ചാൽ അവർ അള്ളാഹുവിനെ കുറിച്ച് മഹാ കള്ളമാണ് പറയുന്നത് മസ്രൂഖ് ചോദിച്ചുമാൻ ഏതാണ് മൂന്ന് കാര്യങ്ങൾ قالت أبو عائشة رضي الله تعالى نبرنيو من زعم أن محمد صلى الله عليه وسلم رأى ربه فقد عظم على الله الفريع ولون نبي صلى الله عليه وسلم آتنا الله ونه قندتن دي نجل پتال ونه الله ونه قرش فياجة مانا پاريوند دي محاك الله ما مانا پاريوند دي ينطع عائشة من دانت نتليب آريند دي لا تدريكه الأبصار وهو يدريك الأبصار وهو اللطيف الخبير لا تدريكه الأبصار درشتقال الله ونه അള്ളാഹുവാണ് കാഴ്ചകളെ പിടികൂടുക പ്രാപിക്കുക അള്ളാഹുവിനെ ഒരു കാഴ്ചയും പ്രാപിക്കൂല ഇതാണ് ആയത്തിൻ്റെ തേട്ടം ആയ തൊതിയിട്ട് അത് തിരുത്തി ഇതേപോലെ ഒരു മനുഷ്യനോടും അള്ളാഹു വഹയിലൂടെയല്ലാതെ അല്ലെങ്കിൽ ഒരു മറയ്ക്ക് പിന്നിൽ നിന്നല്ലാതെ സംസാരിക്കൂല ാണ് ഒരു മനുഷ്യനും അതിൽ നബൽ സ്വലാത്തങ്ങളും പെട്ട് അപ്പൊ ഈ ആയത്ത് ഓതിയിട്ടാണ് ഉമ്മുൽഹ ആരോട് സംസാരിക്കുന്നത് മസ്രൂഖിനോട് സംസാരിക്കുന്നത് ഇതേപോലെ മറ്റ് രണ്ട് വിഷയങ്ങൾ പിന്നെ നബ്സല്ലാ അലൈവീസ് നബ്സുല വസ്സലാമാത്തങ്ങൾക്ക് ഭാവി അറിയും നാളെയുടെ വൃത്താന്തങ്ങൾ അറിയുമെന്ന് വല്ലവരും പറഞ്ഞാൽ അവർ പറഞ്ഞത് കളവാണ് കാരണം അള്ളാഹു സുബാനുവതാലിട്ടുണ്ട് വമാതിരി നഫ്സും മാതാ തക്സിദൻ ഒരു നഫ്സിനും അറിയില്ല നാളെ എന്ത് ചെയ്യുമെന്നുള്ളത് അതിൽ നിസ്സുലഹു സ്വലമാത്തങ്ങളും പെട്ടു അതുകൊണ്ട് നിസ്സുലാഹുസലാ മാത്തങ്ങൾക്ക് ആരെങ്കിലും ഖൈബ് അറിയും നാളെയുടെ കാര്യം അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് മഹാകളവാണ് പറയുന്നത് അതേപോലെ നബ്സല്ലാസ് മാത്രങ്ങൾ വല്ലതും ജനങ്ങൾക്ക് എത്തിക്കാതെ നുഭൂവത്തിൽ നിന്ന് മൂടി വെച്ചിട്ടുണ്ട് എന്ന് ജൽപ്പിച്ചാൽ അവനും പറയുന്നത് കളവാണ് കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് റസൂലെ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അപ്പം ഈ ആയത്തുകൾ ഓതി എന്ത് ചെയ്ത് ഉമ്മുൽ മുമിൻ ആയിഷർ അലി അള്ളാഹു താലാൻഹ മസറൂഖിനെ തിരുത്തി മസറൂഖിനെ തിരുത്തി അവിടെ ആദ്യത്തെ വിഷയം എന്താ മെഹറാജിൻ്റെ രാവിൽ റസൂൾ ഉള്ളഹിസ് അലി സ്വലാ തങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ മസറൂഖ് പറയുന്നത് ആയിഷ റസി അള്ളാഹു താലാന്നയോട് മസറൂഖ് പറയുന്നത് തന്നെ എങ്ങനെയാണ് ഒരിടത്ത് എന്താ പറയണത് യാ ഉമ്മീൻ അംബരീൻ വല തോഴീനെ ഉമ്മ നിങ്ങൾ തിരക്കൂട്ടല്ലേ ഉമ്മ തിരക്കൂട്ടല്ലേ നിങ്ങളെന്ത സാവകാശം കാണിക്കും അള്ളാഹു പറഞ്ഞിട്ടില്ലേ വലഖറു മുബീൻ വലക്കദർ ആഹു നസ്ലത്തൻ നഫ്സുലസ്ലം മസററുക്ക് മനസ്സിലാക്കിയത് എന്താ നഫ്സുലു അലിസ്ല മാ അള്ളാഹുവിനെ ചക്രവാളത്തിൽ വെച്ച് കണ്ടു ഒരു ഇറക്കത്തിൽ അള്ളാഹുവിനെ കണ്ടു എന്നാണ് ആര് മനസ്സിലാക്കിയത് മസററുഖ് മനസ്സിലാക്കിയത് ഈ ആയത്ത് വതിയിട്ട് മസ്റുഖ് ആയിഷ്റി അള്ളാഹു താലയോട് സംസാരിച്ചപ്പോൾ ആയിഷർ റസി അള്ളാഹു താലാൻഹ പറയാണ് അന ഔിൽ ഉമ്മ സലിഖറസു വസ്ലം മസ്റൂഖ് ഈ ഉമ്മത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാനാണ് ആദ്യമായിട്ട് അള്ളഹാൻ്റെ റസൂലിനോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ റസൂല പറഞ്ഞ എന്താ ജിബ്രീൽ റസൂലുള്ള കണ്ടു എന്ന് പറയുന്നത് ആരെയാണ് ജിബ്രീലിനെയാണ് അള്ളാന്നല്ലിബ്രീൽ സൃഷ്ടിക്കപ്പെട്ട അതേ രൂപത്തിൽ രണ്ട് തവണയല്ലാതെ റസൂൽ സ്വല്ലാം തങ്ങൾ ആരെ കണ്ടിട്ടില്ല ജിബ്രീലിനെ കണ്ടിട്ടില്ല അങ്ങനെ അദ്ദേഹ ജിബിരി ഇറങ്ങുകയാണ് അപ്പോൾ ജിബ്രിലിൻ്റെ ആ മഹത്തായ വലിയ സൃഷ്ടിപ്പ് അതെങ്ങനെയാണ് ചക്രവാളം മുഴുവൻ മൂടിയ നിലയിൽ ആ വലിപ്പത്തിലായിട്ടാണ് ജിബ്രിയിൽ ഇറങ്ങിയത് അങ്ങനെ ജിബ്രിലിൻ്റെ ഒറിജിനൽ രൂപത്തിൽ രണ്ട് തവണ കണ്ടു റസൂൽ അതാണ് ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നത് വലക്കദ് റഹാഹു നസ് അതേപോലെ വലക്കദ് വലഖതുറ ആഹുൻ ഊഹ ഈ ആയത്തുകൾ കൈകാര്യം ചെയ്യുന്നത് മുഹമ്മദ് നബല സ്വസലം തങ്ങളെ ജിബ്രീലിനെ കണ്ടതാണ് അള്ളാഹുവിനെ കണ്ടതല്ല എന്ന് ഉമ്മുൽ മുനീൻ റതി അള്ളാഹു താലെ ആയത്ത് വതിയിട്ട് മസറൂഖിനെ തിരുത്തി ഞാൻ പറഞ്ഞു എന്താ വിശുദ്ധ ഖുർആൻ അൽമുബീനാണ് അൽമുബീനായ വിശുദ്ധ ഖുർആൻ അതിൽ യാതൊരു നിഗൂഢതയില്ല സന്ദേഹങ്ങളില്ല വിശുദ്ധ ഖുർആൻ എല്ലാം വ്യക്തമാക്കുന്ന കിതാബാണ് അതിൻ്റെ ചില ചരിത്രങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു അൽ മുബീൻ അവൻ അൽമുബീനായ കിതാബ് അറക്കീന്നാണ് അള്ളാഹു അൽ മുബീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു വിധി അള്ളാഹു മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരും വ്യമായത് വ്യക്തമാക്കുന്നവനാണ് അള്ളാഹു ആളുകളുടെ മനസ്സിലാളുകൾ എന്താണ് ഓളിപ്പിക്കുന്നത് അത് അത് പുറത്തു കൊണ്ടുവരുന്നവനാണ് അള്ളാഹു എന്നുള്ളതാണ് അൽമുബീൻ എന്നുള്ള അള്ളാഹുവിൻ്റെ പേര് അർത്ഥമാക്കുന്ന മറ്റൊരു വിഷയം നമ്മളെത്ര പൂത്തിവച്ചാലും അടക്കി വച്ചാലും രഹസ്യങ്ങൾ അത് വെളിപ്പെടുന്ന പുറത്തിയാടുന്ന ഒരു നാളുണ്ടാകും എന്നുള്ളതാണ് ഉമ്മുൽ മുമിനീൻ ആയിഷറീ അള്ളാത്താലയുടെ വിഷയത്തിൽ വന്നിറങ്ങിയതായ ആയത്തുകൾ വിശുദ്ധ ഖുർആൻ അവിടെയാണ് അള്ളാഹു അൽ മുബീൻ എന്നുള്ള തൻ്റെ പേര് വിശുദ്ധ ഖുറാൻ ഒരു തവണയാണ് ആ പേര് വന്നത് അവിടെയാണ് പ്രയോഗിച്ചിട്ടുള്ളതും എന്താ ഇൻമുൻ അൽ മുഹ്സനാത്ത് ലൈംഗികാപവാദം പ്രചരിപ്പിക്കപ്പെട്ട് മദീനയിൽ സഫ്വാൻബിൻ റദിഅള്ളും ഉമുൽ മുമിനീൻ ആയിഷറിയാത്തുമാണ് അപവാദ പ്രചരണം നടത്തിയത് അത് തികഞ്ഞ കളവായിരുന്നു വിശുദ്ധയായ നമ്മുടെ ഉമ്മയായ ആയിഷർ റലി അള്ളാ വാലനെക്കുറിച്ച് കടുത്ത അപരാധാണ് അതേപോലെ സഫ്ഹാന ബിൻ മത്താലിനെ കുറിച്ചും ഈ അപവാദ ആരാ പറഞ്ഞത് ആരാ പരത്തിയത് അതാണ് അള്ളാഹു സുഹാനുവത്താലെ വ്യക്തമാക്കുന്നത് അള്ളാഹു കപടവിശ്വാസികൾ മനസ്സിലൊളിപ്പിച്ച് അവർ ആളുകൾക്കിടയിൽ പിന്നെ പ്രചരിപ്പിച്ച് യഥാർത്ഥത്തിൽ ഉമ്മൽ മുമിനിന് ആയിഷാർ റലി അള്ളാ ഉത്താലഹ റസൂൽ അള്ളാഹി സ്ലാസലാത്തങ്ങളോടൊപ്പം മനുൽ മുസ്തലക്കിലേക്ക് പോയതാണ് യുദ്ധത്തിന് പോയപ്പോൾ റസൂൽ കൂടെ പോയതാണ് ആയിഷാർ അലി അള്ളാഹു താലാഅൻഹ വഴിയിൽ വെച്ച് റസൂൽ അള്ളഹി സ്വലാസ്ലാമാങ്ങളുടെ സഹാബത്ത് വിശ്രമിച്ചപ്പോൾ അവരുടെ ഒട്ടക കട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ ആവശ്യ നിർവഹണത്തിന് പോയി പക്ഷെ അവർ തിരിച്ചു വന്നപ്പോൾ നിബ്സല അള്ളാ അലിസ്വലാമത്തങ്ങൾ സ്ഥലത്തില്ല അവരുടെ ഒട്ടകമല്ല അതൊക്കെ ആയിട്ട് സഹാബത്ത് പോന്നിട്ടുണ്ട് സഫ്വാനി പിന്മാത്തൽ തിരുനെന്തൂതരോടൊപ്പം മടങ്ങിയിരുന്നില്ല അദ്ദേഹം വൈകിയാണ് വരേണ്ടത് അപ്പോളാണ് ആയിഷാർ അലി അള്ളാഹു താലാൻ്റെ ഏകയെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുന്നത് അപ്പം റസൂൾ അള്ളാഹി സ്വല്ലാസ്ലാ തങ്ങളുടെ ഭാര്യയോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അള്ളാഹുവിൽ രക്ഷ തേടി തൻ്റെ ഒട്ടകപ്പുറത്ത് ആയിഷമ്മ കയറാൻ വേണ്ടിയിട്ട് ഒട്ടകത്തേക്കെടുത്തി അദ്ദേഹം മാറി നിന്ന് ആയിഷാർ അലി അള്ളാബു ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ അദ്ദേഹം ഒട്ടകത്തിൻ്റെ കയറി പിടിച്ചിട്ട് മദിനിയിലേക്ക് വരികയാണ് ഒരു സംസാരം പോലും നടന്നിട്ടില്ല ആയിഷർ അള്ളി അള്ളാഹുത്താലെ സഫ്വാനിൽ നിന്ന് കേട്ടത് അദ്ദേഹം അള്ളാഹുവിൽ അഭയം തേടിയിട്ട് റസൂൾ അള്ളഹി സ്വല്ലാസ്ലാത്തങ്ങളുടെ ഭാര്യയാണോ എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് പിന്നൊന്നും നടന്നിട്ടില്ല മദീനയിലെത്തി റസൂൾ അള്ളഹി സ്വല്ലി സ്വലാത്തങ്ങൾ ആയിഷർ അള്ളി അള്ളാഹുത്താലെ കാണുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സഫ്വാന് ഇപ്പം മുത്തൽ വന്നു അവിടെ ആയിഷമ്മെത്തി വിഷയം നോർമൽ ഒരു സന്ദേഹത്തിനും സംശയത്തിനും ഇവിടെ ഇല്ലാത്ത വിധമാണ് വിഷയമുള്ളത് പക്ഷെ കപട വിശ്വാസികൾ മനസ്സിൽ പലതും കൊണ്ടിടന്ന് അങ്ങനെ അവർ പ്രചരിപ്പിച്ച് അവർ ഈ ലൈംഗികാപവാദ പ്രചരണം അത് കാട്ക്കി അവർ പ്രചരിപ്പിക്കുകയാണ് അള്ളാഹു സുബാനു വാൽ എന്തു ചെയ്ത് ആയിഷറിയാ താലാൻഹായുടെ നിരപരാധിത്വം അള്ളാഹു തെളിയിച്ച് കപടവിശ്വാസികൾ കള്ളന്മാരും അവരാണ് അപരാധികളും കടുത്ത വ്യാജവാദികൾ എന്നുള്ളത് അള്ളാഹു സുബാനു തല വ്യക്തമാക്കി അതാണ് അള്ളാഹു അൽ മുബീൻ എന്താഹു പറഞ്ഞത് ഇൻ അല്ലീൻ എർമൂൻ അൽ മുഹസനാത്ത് പതിവ്രതകളായ തെറ്റിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത വിശ്വാസിനികളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്നവർ ഇഹത്തിലും പരത്തിലും ഷഭിക്കപ്പെട്ടവരാണ് അതെയും അവർക്ക് കൊടിയ ശിക്ഷയാണ് ഉള്ളത് യോമ തെഹതുഹിം അൽ സിനുഹുംഹും അവർക്കെതിരിൽ അവരുടെ നാവുകളും അവരുടെ കൈകളും അവരുടെ കാലുകളും സാക്ഷ്യം പറയുന്ന ഒരു ദിവസം ബിമാ ഖാനിയ അവർ ചെയ്തതിനെക്കുറിച്ച് യൗമഇദി വഫീഹുമുൽ ഉദ്ദീനുൽ ഹഖ് അന്നേ ദിവസം വന്നാൽ കൈക്കാലുകൾ നാവുകൾ അവർക്കെതിരിൽ സാക്ഷ്യം പറയുന്ന പരലോകോടതി വന്നാൽ അവർക്കുള്ള ഫലം പ്രതിഫലം അള്ളാഹു പൂർത്തീകരിച്ച് നൽകുന്നതാണ് വയാലോൻ അന്നവർ മനസ്സിലാക്കുകയും ചെയ്യും അന്ന ഹഖ് അൽ മുബീൻ അള്ളാഹു ഹക്കാകുന്നു അള്ളാഹു അൽ മുബീനാകുന്നു എന്നത് അവരറിയുകയും ചെയ്യും എന്ന് അള്ളാഹു സുബാനത്തല ഉണർത്തുകയാണ് എന്നിട്ട് പിന്നെ കബട വിവരങ്ങൾ വിഷയങ്ങൾ അള്ളാഹു സുബാനത്തല സൂറത്തിന്നൂറിൽ അവതരിപ്പിച്ചു കാരണം എന്താ കബട രഹസ്യങ്ങളാണ് അവർ പുറമേക്ക് ചിരിക്കും നൂറാ ശബ്ദം സത്യം ആണയിട്ട് പറയും പക്ഷേ അള്ളാഹു സുബ്ഹാനു വാല അവരുടെ നിഗൂഢതകൾ അവരുടെ ഉള്ളുകളള്ളികൾ വഹയിലൂടെ പുറത്തുകൊണ്ടുവരും അള്ളാഹു സുബ്ഹാനു വാല അൽമുബീനാണ് അവർ വിശ്വാസികളെക്കുറിച്ച് അപവാദം പറയും ആണയിട്ട് വിശ്വാസികളെക്കുറിച്ച് വ്യാജങ്ങൾ പറയും പക്ഷെ അള്ളാഹു സുബ്ഹാനു വാല വിശ്വാസികളുടെ ശരിയും അതേപോലെ തന്നെ അവരുടെ നിരപരാധിത്വം അള്ളാഹു സബ്ബാന തല തെളിയിക്കുകയും കബടന്മാരുടെ യഥാർത്ഥ സ്വഭാവം അള്ളാഹു സുബ്ഹാനു വാല വ്യക്തമാക്കുകയും ചെയ്യും അള്ളാഹു കബട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു യഹ്ദറുൽ കബട വിശ്വാസികൾക്ക് പേടിയാണ് എന്ത് അവരുടെ ഹൃദയത്തിലുള്ള വിഷയങ്ങൾ അവരോട് പറയുന്ന രീതിയിൽ ഒരു സൂറത്ത് ഇറങ്ങിയേക്കുമോ എന്ന് കുലിസ്തഹസിയു പ്രവാചകനോട് പറയാൻ പറയാണ് കപടവിശ്വാസികളെ നിങ്ങൾ പരിഹസിച്ചോളി ഇന്ന് അള്ളാഹു മുഖ്റിജുമ്മ തെഹദറൂൻ നിങ്ങൾ ഭയന്ന് മനസ്സിൽ കൊണ്ടിടക്കുന്ന കാര്യങ്ങൾ അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നവനാകുന്നു എന്ന് അള്ളാഹു പുറത്തു കൊണ്ടുവരും അതിൻ്റെ ഉദാഹരണമാണ് തബൂക്ക് യുദ്ധത്തിൽ നടന്നത് തബൂക്ക് യുദ്ധത്തിൽ കബഡ വിശ്വാസികൾ നബ്സുലി സ്ലാമാതങ്ങളോടൊപ്പം പോയി എന്നിട്ട് കബഡ വിശ്വാസികൾ ഒരു കടുത്ത അപരാധം നബ്സൽ അള്ളുഹു അലൈവ് സ്വലാത്തങ്ങളെ കുറിച്ചും സഹാബികളെ കുറിച്ചും പറഞ്ഞു എന്താണ് അവർ പറഞ്ഞത് നബ്സൽ അള്ളു അലിസ്ലാ മാത്തങ്ങളെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും പറയാണ് അവർ തീറ്റപ്രിയന്മാരാണ് കളവ് പറയുന്നവരാണ് യുദ്ധത്തിൽ ശത്രുവിനോട് ഏറ്റുമുട്ടുമ്പോൾ ഭീരുക്കളാണ് ഇതാണ് ആര് പറയുന്നത് കബട വിശ്വാസികൾ പറയുന്നത് ഔഫുലിക് റതി അള്ളാഹു ഇത് കേട്ട് കബട വിശ്വാസികൾ കുറിച്ചും സഹാബികളെ കുറിച്ചും ഇങ്ങനെ തീറ്റപ്രിയരാണ് കളവ് പറയുന്നവരാണ് ഭീരുക്കളാണ് എന്ന് പറയുന്ന വാർത്ത ഔഫ് ബിൻ മാലിക് റതി കേട്ട് അപ്പൊ ഔഫ് ബിൻ മാലിക് എന്ന് പറഞ്ഞു കബട വിശ്വാസിയോട് പറഞ്ഞേ നീ കളവാണ് പറഞ്ഞത് വലാക്കിൻ്റെ ഒക്കെ മുനാഫിഖ് നീ കപടവിശ്വാസിയുമാണ് ഇത് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയും എന്ന് പറഞ്ഞ് റസൂൽ അല്ലാസ്ലു അലൈസ്മ തങ്ങളുടെ അടുകിലേക്ക് ഔഹുബിന് മാലിക്ക് പോവുകയാണ് പക്ഷേ ഔഫുബിന് മാലിക്ക് റസൂൽ അള്ളാൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനു തല ആയത്തിറക്കി ആയത്തിറക്കി കപടവിശ്വാസികൾ അടക്കമായി പറഞ്ഞത് മെല്ലെ പറഞ്ഞത് അവരുടെ മനസ്സിൽ അവർ കൊണ്ടു നടക്കണ സംഗതിയാണിതൊക്കെ നബ്സ്ലാസ്ലാം തങ്ങളെ കുറിച്ചുള്ള പോലെ മതിപ്പെന്താ റസൂലുള്ള ഭക്ഷണ ഫ്രിയനാണ് ഭീരുവാണ് കളവ് പറയുന്നവനാണെന്നുള്ളത് ആ വിഷയത്തിൽ ആയത്തിൻ്റെ ഇറങ്ങി ഔഫുബിൻ മാലിക്ക് ചെന്ന് റസൂലിനോട് പറയുന്നതിന് മുമ്പ് റസൂല വഹൈനോട് അറിഞ്ഞ് അത് ഇങ്ങോട്ട് പറഞ്ഞ് എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹു സുഹാന മനസ്സുകളിലുള്ളത് പുറത്തു കൊണ്ടുവരുന്നവനാണ് അള്ളാഹു കാര്യങ്ങളെ വ്യക്തമാക്കുന്നവനാണ് അതാണ് അള്ളാഹു അൽമുബീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹുക്കുമായി വിധിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനു വത്താല അൽമുബീനാണ് അതിൻ്റെ മറ്റൊരു ഹുക്കുമാണ് അള്ളാഹു സുബ്ഹാനു വത്താല റസൂൽ സല്ലാസ്ലാത്തങ്ങളെ അൽമുബീൻ എന്ന് വിശേഷിപ്പിച്ചു അള്ളാഹുവിൻ്റെ കിതാബ് മുബീനാണ് അത് നമ്മൾ പറഞ്ഞു അതിൻ്റെ വിശദീകരണം റസൂൽ ഉള്ളി സ്വല്ലാസ്ലാത്തങ്ങൾ മുബീനാണ് വക്കുൽഇന്നി അന നസീറുൽ മുബീൻ പ്രവാചകരെ നിങ്ങൾ പറയൂ ഇനി അന തീർച്ചയായും ഞാൻ മുന്നറിയിപ്പുകാരനാണ് എന്താ മുബീൻ പറഞ്ഞാൽ സുവ്യക്തമായ എന്നും അർത്ഥണ്ട് കാര്യങ്ങളെ വ്യക്തമാക്കുന്നവൻ എന്നും അർത്ഥണ്ട് നബ്സല്ലാസ്ലാമാങ്ങൾ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തരുന്ന മുന്നറിയിപ്പുകാരനാണ് നബ്സലാ അലി സ്വലാത്തങ്ങളെ കുറിച്ച് മക്കാര് പറഞ്ഞാൽ എന്താണ് നബ്സ്വല്ലാ മാത്തങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ട് എന്നാണ് മജിനൂനാണ് എന്നാണ് അവലം മെത്തഫക്കുറു മക്കാര് ചിന്തിക്കുന്നില്ല മാ ബി മിൻ ജിന്ന അവരുടെ കൂട്ടുകാരനെ ഭ്രാന്തില്ല എന്നുള്ളത് അവർക്ക് ആലോചിച്ചുകൂടെന്ന് പറയാണ് കാരണം എന്താ നാൽപ്പത് വർഷം അവർക്കിടയിൽ ഒരാളാണ് മുഹമ്മദ് നബ്സ് അഹ് വല്ലാ മാത്തങ്ങൾ അവരുടെ പ്രിയങ്കരനാണ് മുഹമ്മദ് അല്ലാസ് സ്വലാത്തങ്ങൾ അവരുടെ പ്രശ്നങ്ങളിൽ വിധി തീർപ്പുകാരനാണ് മുഹമ്മദ് നബ്സല്ലു അലൈവലാത്തങ്ങൾ നാൽപ്പത് വർഷം ഭ്രാന്തില്ലാത്ത ഒരു മനുഷ്യൻ നാൽപ്പതിനുപ്പുറം ഈ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ സുന്ദരമായി വിളിച്ച് പറയുമ്പോൾ അത് ഭ്രാന്തല്ല എന്നുള്ളത് അവർക്ക് ആലോചിച്ചുകൂടെ എന്ന് അള്ളാഹുസ് ചോദിക്കുകയാണ് ഇൻഹുല്ല നസീറും മുബീൻ ആരാ റസൂലുള്ള നസീറും മുബീൻ മുബീനായ മുന്നറിയിപ്പുകാരൻ സുവ്യക്തമായ എന്നും കാര്യങ്ങളെ വ്യക്തമാക്കുന്ന എന്നും മുബീനിനർത്ഥമുണ്ട് അപ്പോൾ അള്ളാഹു സുബ്ഹാനു വത്താല മുബീൻ അവൻ അൽമുബീനായ റസൂലിനെ നിയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിരുനബി സല്ലാ സൽമാങ്ങൾ തൻ്റെ ദൗത്യം വള്ളിപ്പുള്ളി വ്യത്യാസമല്ലാതെ ഏറ്റാതെ കുറക്കാതെ ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം വ്യക്തമാക്കി തന്നിട്ടാണ് ഇവിടുന്ന് യാത്രയായിട്ടുള്ളത് മുഷിരിക്കുകൾ സൽമാൻ ഉൽ ഫാരിസി റസി അള്ളാഹു താലാനിനോട് പറഞ്ഞ ഒരു വിഷയമുണ്ട് സൽമാനുൽ ഫാരിസിയെ പരിഹസിച്ചുകൊണ്ട് മുഷിരിക്കുകൾ പറഞ്ഞു ഇനി ആറാ സാഹിബക്കും യു അലിമുക്കും സൽമാൻ ഫാരിസിയോട് പറയാൻ നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് സലാദ് അലിസ്വലം നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹത്തൽ വരെ ഖിറ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജന മര്യാദകളാണ് ഹദീസിന് മറ്റൊരു ലഫ്തിൽ കാണാൻ സാധിക്കും പരിഹസിച്ച് എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മലമൂത്ര വിസർജന വരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ എന്ന് സൽമാൻ ഫാരിസിയെ കളിയാക്കുകയാണ് മുഷ്രീഖ് അപ്പോൾ സൽമാൻ ഫാരിസി പ്രതികരിച്ചു നാം നീ പരിഹസിച്ചാലും ശരി നീ പരിഹസിച്ചാലും ശരി മുഹമ്മദ് തങ്ങളും ഞങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എങ്ങനെയാണ് മലമൂത്ര വിസർജന സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് ആവശ്യം നിർവഹിക്കുക എന്നുള്ളത് അതുവരെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ട് അതിലൊരു പ്രശ്നമൊന്നുമില്ല മറ്റൊരു രൂപായത്തിലുള്ളത് എന്താ അജൽ മലമൂത്ര വിസർജന മര്യാദ ഞങ്ങളെ പഠിപ്പിച്ചു അമർന അല്ലാ നസ്തഖല അൽ കിബില മലമൂത്ര വിസർജനം നടത്തുമ്പോൾ കിബിലയ്ക്ക് മുന്നിടരുത് എന്ന് മുഹമ്മദ് നബി ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സലാദ് അലൈ സ്വലം വല നസ്തൻ ജീബിന് വലത് കൈ കൊണ്ട് ഞങ്ങൾ മലമൂത്ര വിസർജന ശുദ്ധീകരണം നടത്തരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വലാനഫി ബിദൂനി സലാസത്യ അഹാർ കല്ലുകൊണ്ടാണ് വൃത്തിയാക്കുന്നത് എങ്കിൽ മൂന്നിൽ കുറച്ച് കല്ലുകളിൽ വൃത്തിയാക്കരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ലൈസഫിഹ റജിയോ എല്ലുപയോഗിച്ചിട്ട് വൃത്തിയാക്കരുത് അതേപോലെ തന്നെ മൃഗങ്ങളുടെ കാഷ്ടം അത് ഉപയോഗിച്ച് ഉണങ്ങിയ ചാണകം പോലുള്ളത് ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ മലമൂത്ര വിസർജനങ്ങളെ ഞങ്ങൾ ശുദ്ധീകരിക്കരുത് എന്ന് നബ്സലാസ്ലാം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ജീ പരി നീ പരിഹസിച്ചാലും ശരി മുഹമ്മദിനെ വിതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സൽമാൻ അൽ ഫാരിസി നല്ല നെഞ്ചു വിരിച്ച് ഒരു മുമ്മിനിൻ്റെ ആർജവത്തിൽ പരിഹാസിയായ മുഷരീഖിനോട് പ്രതികരിച്ചു എന്നാണ് ഇവിടെ ഞാൻ ഈ സംഭവം കൊണ്ടുവന്നത് എന്തിനാ നബി സലല്ലാഹു അലൈഹി വാലാ അലൈഹി വസ്ലമാത്തങ്ങൾ അൽമുബീനാണ് എല്ലാ വിഷയങ്ങളും നബി സലാഹ് അലൈവ് സ്വലാത്തങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരികയും നമുക്ക് പഠിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള മുബീനായ റസൂലിനെ നമുക്ക് നിയോഗിച്ച അൽമുബീനായ അള്ളാഹുവിനെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് തിരു നബി സലല്ലാഹു അലൈഹി വാലാഅലി വസ്ലമാത്തങ്ങൾ മാത്രമല്ല അള്ളാഹു നിയോഗിച്ച അവൻ്റെ അമ്പിയ മുറസലീങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ നമ്മുടെ ദൂതന്മാരെ നാം വ്യക്തമായ ബിൽബൈനാസ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമാണ് നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ് അള്ളാഹു സുഹാനുവ താല എല്ലാ മുർസലീങ്ങളെയും അയച്ചിട്ടുള്ളത് നം ജനതകൾ സൺമാർഗത്തിൽ ജീവിക്കുവാൻ വേണ്ടതായ ദൃഷ്ടാന്തങ്ങൾ അതേപോലെ തന്നെ ദുർമാർഗത്തിൽ നിന്ന് തടുക്കുന്ന മുന്നറിയിപ്പുകൾ അപായക സൂചകങ്ങൾ ആയിട്ടുള്ളതായ അതിനുള്ള ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനുവത്താല നൽകിക്കൊണ്ടാണ് അവൻ്റെ മുർസലീങ്ങളെ അള്ളാഹു സുബ്ഹാനുവത്താല നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അള്ളാഹു അൽമുബീനാണ് അൽമുബീനായ അള്ളാഹു സുബാനുവത്താല അൽമുബീനായ കിതാബിനെ അവതരിപ്പിച്ചു അൽമുബീനായ റസൂലിനെ നിയോഗിച്ചു കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങളെ അംബിയാ മുർസലീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനു വത്താല അവതരിപ്പിച്ചു സത്യത്തിൻ്റെ വഴികൾ അസത്യത്തിൻ്റെ വഴികൾ ധർമ്മപാതകൾ അധർമ്മപാതകൾ അതേപോലെ തന്നെ രക്ഷ ശിക്ഷ തുടങ്ങിയതെല്ലാം അള്ളാഹു സുബാനുവത്താല വ്യക്തമാക്കുകയും ചെയ്തു അൽമുബീൻ എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം അതാണിവിടെ നമ്മൾ മനസ്സിലാക്കിയതെന്ന് ഇൻഷാ അല്ല അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്കൊരതിഥിയായിരിക്കും ഇവിടെ സംസാരിക്കുക പിന്നീടുള്ള ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു വിശിഷ്ട അതിൻ്റെ വിധികൾ തേട്ടങ്ങൾ അർത്ഥങ്ങൾ തുടങ്ങിയ ഒരു ഭാഗം നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം അള്ളാഹുസുബ് ഹാനു വത്താല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തോഫീക്കേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയൊരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ അള്ളാഹുസുബ് ഹാനു വത്താല നമ്മളോട് വാക്കു വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ അള്ളാഹു സുഹാനുവത്താല രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ഷിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ നമ്മളോട് ചില മഹത്തുക്കൾ അവരുടെ രോഗത്തിൻ്റെ വിഷയങ്ങളിൽ അള്ളാഹിനോട് ഷിഫാക്ക് ദ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടുണ്ട് അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ആഫിയത്ത് അള്ളാഹു അവരിൽ കനിയുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള അയരാരോഗ്യം അവർക്കും നമുക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ അവരെയും നമ്മയും നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു അവരിൽ നിന്നും നമ്മളിൽ നിന്നും വഴി മാറ്റുമാറാവട്ടെ ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സലഹുലി സ്വലമത്തെ കൊണ്ട് അയൽവാസികളായി ഒത്തുകൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ ഇഷ്ടക്കാർ അള്ളാഹു സുഹാനോ തലാ അവരോട് പൊറുക്കുമാറാവട്ടെ അവരെത്തിപ്പെട്ട കബരടങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സദസ്സുകളിൽ അവരെയും നമ്മെയും അള്ളാഹു കണ്ണി ചേർത്തത് സ്വർഗ്ഗത്തിലും അള്ളാഹു നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഹുസുബിഖാനു വാല നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകി അള്ളാഹു അവരെയും നമ്മയും ആദരിക്കുമാറാവട്ടെ അള്ളാഹു അഹ് മഹഫലി അക്കീദ വക്കിയദ ഇദലാദി അനു മസല അഹമ്മദിന മഹ സബ്രാഹിമ വലാ അലബീമീര് മജീദ അബാർ ആല മഹമ്മാലി മഹാരാർ താലി ഇബ്രാഹീം വലാ അബ്രാഹീം ഇൻ്ന ഹമീർമജീദ വ ആഖർ ഉദാ അനദലബല അസമുലൈക്ക